ം പതിനാല് യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത് അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെല്ലണം കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ളവനുവേണ്ടി ജീവനും ശുദ്ധിയുമുള്ള രണ്ടു പക്ഷി ദേവദാരു ചുവപ്പുനൂൽ ഈ സോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവുവെള്ളത്തിൻമീതെ അറുപ്പാൻ കൽപ്പിക്കണം ജീവനുള്ള പക്ഷി ദേവദാരു ചുവപ്പുനൂൽ ഈ സോപ്പ് എന്നിവയെ അവനെടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവുവെള്ളത്തിൻമീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിവാനുള്ളവന്റെ മേൽ ഏഴു പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രമലക്കി രോമമൊക്കെയും ക്ഷൌരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും അതിന്റെ ശേഷം അവൻ പാളയത്തിൽ ചെന്ന് തന്റെ കൂടാരത്തിന് പുറമെ ഏഴു ദിവസം പാർക്കണം ഏഴാം ദിവസം അവൻ തലയും താടിയും പുരികവും എല്ലാം വെടിപ്പാക്കണം ഇങ്ങനെ അവൻ സകല രോമവും ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രമലക്കുകയും ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ ഊനമില്ലാത്ത രണ്ട് ആൺകുഞ്ഞാടിനെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു പെൺകുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത മൂന്നിടങ്ങഴി നേരിയ മാവും ഒരു കുറ്റി എണ്ണയും കൊണ്ടുവരേണം ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനെ അവയുമായി യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ നിർത്തണം പുരോഹിതൻ ആൺകുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യണം അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാപയാഗത്തെയും ഹോമയാഗത്തെയും അറുക്കുന്ന ഇടത്തുവച്ച് കുഞ്ഞാടിനെ അറുക്കേണം അകിർത്തിയം പാപയാഗം പോലെ പുരോഹിതനുള്ളത് ആകുന്നു അത് അതിവിശുദ്ധം പുരോഹിതൻ അകിർത്യയാഗത്തിന്റെ രക്തം കുറെയെടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും പുരട്ടേണം പിന്നെ പുരോഹിതൻ ആ എണ്ണ കുറെ തന്റെ ഇടത്തെ ഉള്ളംകൈയിൽ ഒഴിക്കണം പുരോഹിതൻ ഇടംകൈയിലുള്ള എണ്ണയിൽ വലംകൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് ഏഴു പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ കളിക്കണം ഉള്ളംകൈയിൽ ശേഷിച്ച എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും അതിർത്തിയകത്തിന്റെ രക്തത്തിന്മീതെ പുരട്ടേണം പുരോഹിതന്റെ ഉള്ളംകൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ തലയിലൊഴിച്ച് യഹോവയുടെ സന്നിധിയിൽ അവനുവേണ്ടി പ്രായശിത്തം ണം പുരോഹിതൻ പാപയാഗം അർപ്പിച്ച് അശുദ്ധി പോക്കി ശുദ്ധീകരിക്കപ്പെടുന്നവനുവേണ്ടി പ്രായശ്ചിത്തം കഴിച്ച ശേഷം ഹോമയാഗമൃഗത്തെ അറുക്കണം പുരോഹിതൻ ഹോമയാഗവും ഭോജനയാഗവും ഈ യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവനുവേണ്ടി പ്രായശിത്തം കഴിക്കണം എന്നാൽ അവൻ ശുദ്ധിയുള്ളവൻ ആകും അവൻ ദരിദ്രനും അത്രയ്ക്ക് വകയില്ലാത്തവനും ആകുന്നു എങ്കിൽ തനിക്കുവേണ്ടി പ്രായച്ഛിത്തം കഴിക്കേണ്ടതിന് നീരാജനത്തിനായി അതിർത്യയാഗമായിട്ട് ഒരു കുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത ഒരിടങ്ങഴി നേരിയമ്മവും ഒരു കുറ്റി എണ്ണയും പ്രാപ്തി പോലെ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻകുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും എടുത്ത് തന്റെ ശുദ്ധീകരണത്തിനായി എട്ടാം ദിവസം സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ യഹോവയുടെ സന്നിധിയിൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെയും എണ്ണയുമെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യണം അവൻ അകൃത്യയാഗത്തിനുള്ള ുട്ടിയെ അറുക്കേണം പുരോഹിതൻ അകൃത്യയാഗത്തിന്റെ രക്തം കുറെയെടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും പുരട്ടേണം പുരോഹിതൻ എണ്ണ കുറെ തന്റെ ഇടത്തെ ഉള്ളംകൈയിൽ ഒഴിക്കേണം പുരോഹിതൻ ഇടത്തുകൈയിലുള്ള എണ്ണ കുറെ വലത്തു കൈയുടെ കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ ഏഴു പ്രാവശ്യം തളിക്കണം പുരോഹിതൻ ഉള്ളംകൈയിലുള്ള എണ്ണ കുറെ ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിന്റെ രക്തം ഉള്ളിടത്ത് പുരട്ടേണം പുരോഹിതൻ ഉള്ളംകൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ തലയിലൊഴിച്ച് അവനുവേണ്ടി യഹോവയുടെ സന്നദ്ധിയിൽ പ്രായച്ചിത്തം കഴിക്കണം അവൻ പ്രാപ്തി പോലെ കുറുപ്രാവുകളിലോ പ്രാവിൻകുഞ്ഞുങ്ങളിലോ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും ഭോജനയാഗത്തോടു കൂടെ അർപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനുവേണ്ടി യഹോവയുടെ സന്നദ്ധിയിൽ പ്രായശിത്തം കഴിക്കണം ഇത് ശുദ്ധീകരണത്തിനുവേണ്ടി വകയില്ലാത്ത കുഷ്ഠരോഗിക്കുള്ള പ്രമാണ് യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ കുഷ്ടബാധ വരുത്തുമ്പോൾ വീട്ടുടമസ്ഥൻ വന്ന് വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നു എന്ന് പുരോഹിതനെ അറിയിക്കണം അപ്പോൾ വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിപ്പാൻ പുരോഹിതൻ വടു നോക്കേണ്ടതിന് ചെല്ലും മുമ്പേ വീട് ഒഴിച്ചിടുവാൻ കൽപ്പിക്കണം പിന്നെ പുരോഹിതൻ വീട് നോക്കുവാൻ ചെല്ലണം അവൻ വടു നോക്കേണം വീട്ടിന്റെ ചുവരിൽ ഇളം പച്ചയിൽ ഇളം ചുവപ്പുമായ കുത്തുകൾ ഉണ്ടായിട്ട് അവ കാഴ്ചയ്ക്ക് ചുവരിനേക്കാൾ കുഴിഞ്ഞതായി കണ്ടാൽ പുരോഹിതൻ വീടുവിട്ട് വാതുക്കൽ വന്ന് വീട് ഏഴു ദിവസത്തേക്ക് അടച്ചിടണം ഏഴാം ദിവസം പുരോഹിതൻ വീണ്ടും ചെന്ന് നോക്കണം വടു വീട്ടിന്റെ ചുവരിൽ പരന്നിട്ടുണ്ടെങ്കിൽ വടുവുള്ള കല്ല് നീക്കി പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് ഇടുവാൻ പുരോഹിതൻ കൽപ്പിക്കണം പിന്നെ വീട്ടിന്റെ അകമൊക്കെയും ചുരണ്ടിക്കണം ചുരണ്ടിയ മണ്ണ് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കളയണം പിന്നെ വേറെ കല്ലെടുത്ത് ആ കല്ലിന് പകരം വെക്കണം വേറെ കുമ്മായം വീട്ടിന് വേണം അങ്ങനെ കല്ലുനീക്കുകയും വീട് ചുരണ്ടുകയും കുമ്മായം തേക്കുകയും ചെയ്ത ശേഷം വടു പിന്നെയും വീട്ടിൽ ഉണ്ടായി വന്നാൽ പുരോഹിതൻ ചെന്ന് നോക്കേണം വടു വീട്ടിൽ പരന്നിരുന്നാൽ അത് വീട്ടിൽ തിന്നെടുക്കുന്ന കുഷ്ഠൻ തന്നെ അത് അശുദ്ധമാകുന്നു വീട്ടിന്റെ കല്ലും മരവും കുമ്മായ ഇടിച്ച് പൊളിച്ച് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം വീട് അടച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും അതിനകത്ത് കടക്കുന്നവൻ സന്ധ്യ വരെ അശുദ്ധിയുള്ളവനായിരിക്കണം വീട്ടിൽ കിടക്കുന്നവൻ വസ്ത്രമലക്കേണം ആ വീട്ടിൽ വച്ച് ഭക്ഷണം കഴിക്കുന്നവനും വസ്ത്രമലക്കേണം വീട്ടിന് കുമ്മായം തേച്ച ശേഷം പുരോഹിതനകത്തു ചെന്ന് നോക്കി വീട്ടിൽ വടു പരന്നിട്ടില്ല എന്ന് കണ്ടാൽ വടു മാറിപ്പോയതുകൊണ്ട് പുരോഹിതൻ ആ വീട് ശുദ്ധിയുള്ളത് എന്ന് വിധിക്കണം അപ്പോൾ അവൻ വീട് ശുദ്ധീകരിക്കേണ്ടതിന് രണ്ടു പക്ഷി ദേവദാരു ചുവപ്പുനൂൽ ഈ സോപ്പ് എന്നിവയെടുത്ത് ഒരു പക്ഷിയെ മൺപാത്രത്തിലുള്ള ഉറവുവെള്ളത്തിൻമീതെ അറുക്കണം പിന്നെ ദേവദാരു ഈ സോപ്പ് ചുവപ്പുനൂൽ ജീവനുള്ള പക്ഷി എന്നിവയെടുത്ത് അറുത്ത പക്ഷിയുടെ രക്തത്തിലും ഉറവുവെള്ളത്തിലും മുക്കി വീട്ടിൻമേൽ ഏഴ് പ്രാവശ്യം തളിക്കണം പക്ഷിയുടെ രക്തം ഉറവുവെള്ളം ജീവനുള്ള പക്ഷി ദേവദാരു ഈസോപ്പ് ചുവപ്പുനൂൽ എന്നിവയെക്കൊണ്ട് വീട് ശുദ്ധീകരിക്കണം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് വെളിയിൽ വിടണം അങ്ങനെ വീട്ടിനുവേണ്ടി പ്രായശിത്തം കഴിക്കണം എന്നാൽ അത് ശുദ്ധമാകും ഇത് സകല കുഷ്ഠത്തിനും വടുവിനും പുറ്റിനും വസ്ത്രത്തിന്റെയും വീട്ടിന്റെയും കുഷ്ഠത്തിനും തിണർപ്പിനും ചുണങ്ങിനും ചിരങ്ങിനും വെളുത്ത പുള്ളിക്കുമുള്ള പ്രമാണം എപ്പോൾ അശുദ്ധമെന്നും എപ്പോൾ ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ഠത്തെക്കുറിച്ചുള്ള പ്രമാണം